ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ വ്യത്യാസത്തിലും മനുഷ്യർക്ക് ഉപകാരപ്രദമായവ വഹിച്ചുകൊണ്ട് കടലിൽ സഞ്ചരിക്കുന്ന കപ്പലുകളിലും മരിച്ചതിനുശേഷം ഭൂമിയെ ജീവിപ്പിക്കാനായി അള്ളാഹുസുബഹാനഹുവ തായാല ആകാശത്തുനിന്ന് ഇറക്കിയ വെള്ളത്തിലും അതിൽ എല്ലാത്തരം ജീവജാലങ്ങളെയും വ്യാപിച്ചു വിട്ടതിലും കാറ്റുകളുടെ ഗതിമാറ്റത്തിലും ആകാശത്തിനും ഭൂമിക്കുമിടയിൽ നിയന്ത്രിക്കപ്പെട്ട മേഘങ്ങളിലും ബുദ്ധിമാന്മാരായ ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്